ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം അള്ളാഹുസുബഹാനുഹുവ ചായല അറിയുന്നു എന്ന് നീ കണ്ടില്ലേ മൂന്നുപേർ രഹസ്യമായി സംസാരിക്കുകയാണെങ്കിൽ നാലാമത്തെയളായി അവനുണ്ടാകും അഞ്ചുപേരാണെങ്കിൽ ആറാമത്തെയാളായി അവനുണ്ടാകും അതിൽ കുറവോ കൂടുതലോ ആയാലും അവർ എവിടെയായിരുന്നാലും അവൻ അവർക്കൊപ്പമുണ്ടാകും പിന്നീട് പുനരുദ്ധാന അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അവൻ അവരെ അറിയിക്കും തീർച്ചയായും അള്ളാഹുസുബഹാനഹുവറ്റായാലല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നവനാകുന്നു